ദൈവ നിരാകരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവനിരാകരണം ഇതിന്റെ തുടർന്നു വരുന്ന ഭാഗങ്ങളെല്ലാം അതേ കാര്യം ആവർത്തിക്കണം ദൈവം നില അതുകൊണ്ട് ഇല്ലാതെ ആവർത്തിക്കേണ്ട കാര്യം ബോറഡ് അതുകൊണ്ട് അടുത്ത സർഗത്തിലേക്ക് പോകണം പൗരുഷപ്രാധാന്യ സമ സപ്തമസം ശ്രീ വസിഷ്ഠവാൻ പ്രാപ്യവ്യാധിട്ടം ദേഹം ഉപാധി വേദന തധാത്മനി സമാദ്യൂയോ നായകേ ഞാതി വിനർമുക്തം ദേഹം പ്രാ വ്യാധി ഇല്ലാത്ത രോഗങ്ങളൊന്നും ഇല്ലാത്തതായ ഒരു ശരീരത്തെ പ്രാപിച്ചിട്ട് അല്പ അതിവേദന അധിവേദനം എന്ന് വെച്ചാൽ മാനസികമായ പീഡത അത് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ മാനസികമായ ഗവേഷണങ്ങളും ഥ അങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യന് വരികയാണെങ്കിൽ ആത്മനി സമാധ മനസ്സിൽ ആത്മാവിൽ പ്രവർത്തിക്കുന്നു യഥാ ഭൂയോലെ മുക്തിയെ നേടത്തക്കരീരിയിൽ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കും എന്ന് പറയുമ്പോ അതിലെല്ലാം വരും എല്ലാ ആത്മീയ സാധനങ്ങളും വരും പക്ഷെ ഈ ആത്മീയ സാധനങ്ങൾക്ക് രണ്ട് കണ്ടീഷൻസ് കൂടെ പറയുന്നു ഒന്ന് ശരീരം മുക്തം മറ്റൊരു മനസ്സും ഫിറ്റായി ഇതിന് ഇതാണ് എന്റെ പൂർവഭാവം അതിന്റെ ഉത്തരഭാവം മനസ്സിനാത്മാവിന് ഉറപ്പിക്കണം മോക്ഷത്തിനുവേണ്ടി പരിശ്രമിക്കണം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് എനിക്കും പരിചയം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് എത്ര എനിക്ക് പ്രിപ്പറേഷൻ എന്ന ആവശ്യം നിങ്ങൾക്ക് കേട്ട പരിചയമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധം പക്ഷെ ആദ്യം പറഞ്ഞി രണ്ടും കാര്യങ്ങൾ ഇതും ഒരുപാട് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും ആയ കാര്യങ്ങൾ ആദ്യം ശരീരം ഫിറ്റായിരിക്കുക മനസ്സിൽ ഇതാണ് മനുഷ്യന് പ്രാഥമികമായി അത് കഴിഞ്ഞിരുന്ന മോഡൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നതിന് ഞാൻ അത്രമാത്രം പ്രിപ്പേർഡായി പ്രിപ്പറേഷൻ്റെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഞാനത് വായിച്ചുപോയി ഞാൻ പറയാൻ പോകുന്ന എവിടെയൊന്ന് വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം വായിക്കും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുകയും തേനിച്ച കൂട്ടം പോലെ എന്റെ മനസ്സിൽ അതിനനുസരിച്ച് പറ്റിയുള്ള ചിന്തകളായിരിക്കും കുറേ സമയം കടന്നു വരുന്ന ചിന്തകൾ കടന്നുകൊണ്ടാവും പക്ഷെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഇതിനെക്കുറിച്ച് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു കത്ത് കത്തത് കത്തലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് അതിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യാൻ സമയം എന്താണ് ഈ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോ പ്രത്യേകിച്ചും പ്രിപ്പറേഷനൊന്നും ഇല്ല ഞാൻ പറയുന്നു ആ ഒരു വിഷയത്തിൽ എന്തായാലും ശരീരം ഹിറ്റായിരിക്കുക മനസ്സ് ഹിറ്റായിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ആധുനികമായ ശാസ്ത്രത്തിന്റെ വളിച്ചത്തിൽ മനസ്സിലാക്കി ഈ എഴുതി വെച്ചവർ ഒക്കെ ഒന്നും അറിയാൻ വയ്യാത്ത കാര്യമാണ് ഞാൻ പറയും അവർക്ക് അറിയില്ല എന്നത് അതിന് ഉറപ്പുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അറിവ് വെച്ച് ഞാൻ പറയും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ശരീരം ഫിറ്റായിരിക്കണം മനസ്സ് ഫിറ്റായിരിക്കണം എന്തിന് എന്തെന്നത് തോന്നും പക്ഷെ അതല്ല അതിന്റെ ശരി എനിക്കും ആദ്യം അങ്ങനെ തോന്നി ഞാൻ പറയുന്നത് ഇൻഡ്യൂഷൻ ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഒരു അറിവ് മനുഷ്യനും ഉണ്ടാകാറുണ്ട് എന്താണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡ്യൂഷൻ തോന്നൽ എന്ന് ശാസ്ത്രീയമായി പറയുന്നത് ഹയർ ലെവൽ ഓഫ് കോമൺ സെൻസ് കോമൺ സെൻസ് തന്നെയാണ് അതൊരു ഹയർ ലെവൽ ഓഫ് കോമൺ സെൻസിനാണ് ഇൻഡ്യൂഷ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് നിരന്തരം പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അതിനെ തുടങ്ങും അതിനു ചുറ്റിപ്പറ്റിയുള്ള ചില ചില കാഴ്ചപ്പാടുകളുണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്റെ ഒരു ഇന്റ്യൂഷനെ കുറിച്ച് പറയുന്നില്ല പക്ഷേ അത് ഇതേ നിരന്തരം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയും ആശയത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്നെ മനസ്സിലൊരു ഇൻറ്റൂഷനുണ്ട് എന്താണോ വളരെ മോളിൽ നിന്ന് താഴേക്ക് എഴുതുന്ന ആളുകൾ ഭാരമാണ് നമുക്ക് ഇതാണ് ഇന്ത്യ ഇതിൽ ചെറിയ കാര്യമല്ല ഇത് സയൻസിന്റെ ഒരു വലിയ ഗ്രാവിറ്റിയായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ആശയമാണ് ചെറിയൊരു കാര്യമാണ് ഭാരം അനുഭവപ്പെടത്തില്ല എന്തായിരിക്കും ഭാരം അനുഭവപ്പെടുകയാൾ മാസ്ലെസായി എന്ന് വെച്ചാൽ താഴോട്ട് വരുമ്പോ എന്താണ് ഒരു പൂവ് പോലെ വായ്പ വരും താഴെ വരുമ്പോൾ അതിന് കാരണം കുറേ ഒന്നും കാണത്തില്ല അത് വരുക തലയൊക്കെ പൊട്ടിച്ചതും പക്ഷെ ഈ വരുന്ന വഴിക്ക് ഒരു ഫ്രീ ഫാളായി നമ്മളൊരു ലിഫ്റ്റ് ഏഴാമത്തെ തലയില് അല്ലെങ്കിൽ പതിനാലാമത്തെ നിലയില് മേളിൽ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ മേളിൽ ഏറ്റവും മേളിലാണ് അതിൻ്റെ കൺട്രോൾ അവിടുത്തെ ബ്രേക്ക് ലിവർ ഏതെങ്കിലും കാരണം വെച്ചാൽ അത് റിലീസായി പോയാൽ നമ്മൾ പൂ പോലെയായിരിക്കും താഴെക്ക് വരുന്നത് താഴെ ഒന്നും പിന്നെ പറക്കിയെടുക്കാമൊന്നും കാണത്തില്ല അത് വേറെ കാര്യം പക്ഷെ താഴത്ത് വരുന്നെങ്കിലായിരിക്കും പോകുമ്പോൾ ഇതാണ് ഏഷ്യം കണ്ടെത്തിയത് വെറും ഒരു ഗ്ലിംസ് ഇൻഡ്യൂഷൻ ഇന്നും മനുഷ്യ അതിനെക്കുറിച്ച് വിവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയുടെ ഫലം തന്നെ പല ഒരുപാട് ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇൻജൂഷനിലൂടെ സംബന്ധിച്ചിട്ടുണ്ട് എന്തൊരു അത്ഭുതം വെളിപാടം നമ്മൾ പറയും അത്ഭുതം അല്ല അതൊക്കെ നിരന്തരമായി ചിന്തയും ഫലമായി മനസ്സിൽ രൂപപ്പെടുന്നത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു എന്നേ ഉള്ളൂ പ്രത്യക്ഷപ്പെടുന്നു പ്രതീക്ഷിക്കാത്തവരൊക്കെ തരും പ്രത്യക്ഷപ്പെടുന്നു അതുപോലെ നമ്മൾ ചിന്തയുടെ ലോകത്താണെങ്കിൽ ഇൻജൂഷണലായിട്ട് നമുക്ക് പല പല അറിവുകളുണ്ടാവും നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് കുറച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ് പറയാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോഷികൾ ഉണ്ടാവും അതിന് സീരിയസ് ആയിട്ട് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇൻഡ്യൂഷനിലായി പല അറിവുണ്ടാവും അങ്ങനെയാണ് പറയുന്നത് ഹയർ ലെവൽ ഓഫ് കോമൺസസ് അത്രയുള്ള എന്നാൽ അതിനൊരു ശാസ്ത്രീയ യാഥാർത്ഥ്യം ഒന്ന് അംഗീകരിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞാൽ തോന്നലുണ്ടല്ലോ തോന്നലെന്ന് പറയുമ്പോൾ ഇൻഡ്യൂഷനുണ്ട് ഇൻജ്യൂഷനുണ്ട് രണ്ടും മൂന്ന് വലിയ വ്യത്യാസം ഇൻഡ്യൂഷൻ വരെ ഇൻജ്യൂഷൻ അതിന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പല ഇൻജ്യൂഷൻ ഉണ്ടായിപ്പോലെ നമ്മളധികം കുറെ കാര്യം ജീവി പിന്നെ ചിലപ്പോ നമ്മൾ കളയെ നമ്മളെ വിട്ടുപോകും ഇൻജ്യൂഷനുമായിട്ട് വന്നു അപ്പൊ ഈ ഒരു വിഷയത്തില് ഞാൻ ചോദിച്ച ചോദ്യം ഓർമ്മയുള്ളവർക്ക് ആ ശരീരവും മനസ്സും ഫിറ്റായിരിക്കണം എന്ന് പറയുന്നു എന്തിനു വേണ്ടി അങ്ങനെ ഞാൻ ചോദിച്ചത് ഒരാൾ പറഞ്ഞ് മോക്ഷത്തിന് വേണ്ടി ഞാൻ പറയുന്നത് നല്ലതാണ് പിന്നെ എന്തിനു വേണ്ടിയാലും ഇഞ്ചൂഷൻ എന്തെങ്കിലും ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ശരിയായിട്ട് അതുകൊണ്ട് ശരിക്ക് പറയാൻ കഴിയുന്നില്ല തന്നെയാണ് ഏ പറയുന്നതൊന്നും അബദ്ധമൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ കുറെ ശരിയുണ്ട് പക്ഷെ ശരിയിൽ ശരിയായാലും നമ്മൾ ഉത്തരം കൂടുതൽ സയന്റിഫിക്ക് ആയിരിക്കണോ എന്നിപ്പോ ഇപ്പൊ എനിക്ക് ആ കാര്യത്തിൽ കുറച്ച് നിർബന്ധമാണ് കൂട്ടത്തി എന്താണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കുറച്ച് സയന്റിഫിക്ക് ആയിരുന്നു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് അതായത് ഇത് ഇങ്ങനെ ഹിറ്റായിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് സർവൈവൽ സർവൈവൽ തിയറി അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാകും റെവല്യൂഷൻ മനസ്സിലാക്കും അതിനെക്കുറിച്ചുള്ള അത് അത്യാവശ്യമാണ് എന്താണ് നമുക്കൊരു പ്രാഥമികമായ ജാനം വേണം എന്താണ് നമ്മുടെ പൂർവികന്മാര് നമ്മളെപ്പോലെ ആയിരുന്നില്ല ഇത് അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു അറിവാണ് നിങ്ങൾ ബ്രഹ്മമാണെന്ന് അറിയുക അറിയാതിരിക്കുകയോ ചെയ്യാം കാരണം അഭിപ്രായ വ്യത്യാസവും പലർക്കും പല അഭിപ്രായവും പക്ഷെ ഇക്കാര്യത്തിൽ സയൻസിന് ഏകാഭിപ്രായം എന്താണ് നമ്മുടെ പൂർവികന്മാര് നമ്മളെപ്പോലെ അല്ല പിന്നെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അത് പുരങ്ങന്മാര് അതിന്റെ പിന്നിലേക്ക് അങ്ങനെ പോകും എന്തായാലും നമ്മളെ പോലെ ആയിരുന്നു നമ്മളെപ്പോലെ ആയിട്ട് കുറച്ച് തന്നെയാണ് ഏകദേശം രണ്ട് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം നമ്മളെ പോലെ ആയിട്ട് നമ്മളായിട്ട് ഇത് അടിസ്ഥാനപരമായി അറിവുകയാണ് ജീവന്റെ ആരംഭം പോലും ജീവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കുന്നത് പ്രാഥമികമായിട്ട് അതിനു വേണ്ടിയിട്ടാണ് അക്കാര്യത്തിന് നമുക്ക് ഒരു സംശയവും വേണ്ട അതിന് രണ്ട് ഘടകങ്ങൾ നമ്മളെ സഹായിക്കുന്നു ഒന്നും നമ്മുടെ നേച്ചർ മറ്റൊന്നും നമ്മുടെ നർച്ചർ നേഴ്സസ് നേച്ചർ വേഴ്സസ് നർച്ചർ ഇതാണ് ആ തിയറിയുടെ അടിസ്ഥാനം അങ്ങനെ അഭിചീനത്തിന് വേണ്ടി ശ്രമിച്ചു സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന രണ്ട് കാര്യം ശാരീരികമായി വിറ്റായിരിക്കും മാനസികമായും വിറ്റ അങ്ങനെ ശാരീരികമായും മാനസികമായും മനുഷ്യനും വിറ്റാവും അപ്പോഴാണ് അവൻ അവൻ്റെ സ്ഥലത്ത് മറ്റ് തലങ്ങളിലേക്ക് തിരിയെ ഇവിടെ കല സാഹിത്യം സംഗീതം നിരവധി പഠന ഗവേഷണങ്ങൾ ഇങ്ങനെ നിരവധി വിഷയങ്ങളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിയുന്നത് അതായത് ഹ്യൂമൻസ് മനുഷ്യ അവർക്ക് ഇതെല്ലാം കഴിയും വേറെ ആർക്കും ഇങ്ങനെ കഴിയുന്നില്ലേ എന്തുകൊണ്ട് അതായത് ഈ പറയുന്ന വിഷയങ്ങൾ സംഗീതം സാഹിത്യം കലാ ഗവേഷണ പഠനങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനുഷ്യനെ പോലെ ഒരു ജീവിക്കും കഴിയുന്നില്ല കഴിയില്ല എന്നുള്ള ഉറപ്പാണ് ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ ഒന്നും മനുഷ്യനെ പോലെ ഒരു റിസർച്ച് നടത്തുന്നതിനുള്ള ശേഷിയില്ല എന്തുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ അവർക്കൊന്നും നമ്മളെപ്പോലെയുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് വന്നിട്ടില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് സാധ്യമേ അല്ല മനുഷ്യനാണ് ഇത്രയും ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അവനെന്തെയ്തു അവൻ അതിജീവനത്തിന് ഷിഫ്റ്റായി എന്നവന് തോന്നുന്നു അവൻ്റെ ശരീരവും മനസ്സുമൊക്കെ ഫിറ്റായി എന്നവന് തോന്നുമ്പോൾ അവന്റെ ശ്രദ്ധ പതുക്കത്തിരിയില്ല അങ്ങോട്ട് സംഗീതം സാഹിത്യം ഗവേഷണ പഠനങ്ങൾ അതോടൊപ്പം എങ്ങോട്ട് തിരികെ മോക്ഷത്തിലേക്ക് തിരികും മോക്ഷത്തിലേക്ക് തിരികും നിങ്ങളുടെ എത്ര പേര് ഹിമാലയത്തിൽ പോയി താമസിച്ചിട്ടുണ്ട് ഒരാൾ പോയിട്ടുണ്ടായിരിക്കില്ല ബാക്കി ആരെങ്കിലും പോയി താമസിച്ചിട്ടുണ്ടോ അവിടെ കുറച്ചു കാലം പോയി കണ്ടിട്ട് വരിക ടൂറിസ്റ്റ് വിസിൽ പോയിട്ട് വന്നവരൊക്കെ കാണുന്നു അല്ലാതെ ഹിമാലയത്തിൽ എല്ലാവരും പോകുന്ന മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനും പോയിട്ടുണ്ട് എന്റെ അനുഭവം കൂടെ വെച്ചുകൊണ്ട് പറയാം പക്ഷെ നമ്മൾ ഹിമാലയത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണോ അതിന്റെ വേണ്ടിട്ടാണ് ഓട്ടത്തിൽ പോയാടൊരുമിച്ചിരിക്കുന്നത് എന്തോ ഒക്കെ മനസ്സിൽ ഓർമ്മ വരിക്കണം കുറെ ഓർമ്മ എന്ന് വെച്ചാൽ നമ്മളെ അവിടെ ചെന്നുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അതായത് ഞാൻ പോയതുവരെ പോവുകയാണ് ഒന്നുമില്ലാതെ പോയ അന്ന് ഈ ഇന്റർനെറ്റ് ഒന്നുമില്ല എ ടി എം കാർഡില്ല പേഴ്സില്ല എന്തെങ്കിലും പോകുമ്പോൾ പേഴ്സൊന്നും ഇല്ല അപ്പൊ അങ്ങനെ പോകുമ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മോക്ഷത്തിനാണ് പോകുന്നതെങ്കിൽ ആദ്യം നമ്മൾ തിരക്കുന്നത് എന്താണ് ഭക്ഷണം കിടക്കാനൊരിടം ഇതാ ഇതിനെയാണ് അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കാവുന്നത് ഭക്ഷണം നമുക്ക് കിട്ടിയിന്നിരിക്കട്ടെ സ്വാഭാവികമായിട്ടും നമുക്ക് മോശം ഭക്ഷണേ കിട്ടും അവിടെ നല്ല ഭക്ഷണം വെച്ച അവിടെ നമ്മളെ ആര് കാത്തിരുന്നില്ല വനക്ക് നല്ല ഭക്ഷണവും മോഷവും തരാമെന്ന് പറയുന്ന ഒരു സ്ഥലം നടക്കും അപ്പോ നമ്മൾക്ക് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും നമുക്ക് ഒരു നല്ല ഭക്ഷണമല്ലെങ്കിലും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയൊരു ഭക്ഷണം നമ്മൾ ചിന്തിക്കും കാരണം അവിടുത്തെ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ്റിളക്കം ചെറുതിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും നമുക്ക് ചെയ്യുന്നതിന്റെ അത് അപ്പം നമ്മൾ ഇത് ഒഴിവാക്കണമെന്നും കുറച്ചുകൂടി കംഫർട്ടബിളായ ഭക്ഷണം വേണമെന്നും അപ്പം നമ്മുടെ ശ്രദ്ധ എവിടേക്ക് പോകും അതിജീവനത്തിലേക്ക് മോക്ഷമില്ല തൽക്കാലം മാറ്റിയില്ല അതിജീവനം കഴിഞ്ഞിട്ടേ ഉള്ളൂ മോക്ഷം പിന്നെ നമുക്ക് നമുക്ക് വേണ്ട ഒരു പാർപ്പിടമാണ് അപ്പൊ പാർപ്പിടം എന്ന് പറഞ്ഞാൽ ഇതും ആരും നോക്കി വിളിച്ചു തരത്തില്ല നമ്മൾ അന്വേഷിച്ചു പോയി കണ്ടുകൊണ്ടിരിക്കും ഇപ്പോ അത് അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ കണ്ടെത്തണം ഇപ്പോ നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ കിട്ടുന്നത് ഗംഗാധീരമാണ് നമ്മുടെ പാർക്കിലോങ്കിൽ എന്ത് ചെയ്യും കൊതുകടി കൊടുമ്പോൾ നമ്മൾ വ്യാഴം കുറച്ചുകൂടി കംഫർട്ടബിളായിട്ടൊരു സ്ഥലം കിട്ടിയാൽ ആദ്യം അത് ത്യാഗം എന്ന് കരുതും പക്ഷെ കൊതുകടി സഹിക്കാതാവുമ്പോൾ നമ്മൾ എന്ത് വ്യാഴിയും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ ഒരു സ്ഥലം കിട്ടിയാൽ കൊതുകടി ഒഴിവാക്കിയാൽ കാരണം കൊതുകടി കൊണ്ടാൽ മലേറിയ വിളിക്കും മലേറിയ വിളിച്ചാൽ ആശുപത്രി കിട്ടും പിന്നെ പ്രശ്നങ്ങളാണ് അപ്പൊ എല്ലാം നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയ സാഹചര്യങ്ങളാണ് നമ്മൾ തേടുന്നതാണ് സർവൈവൽ അപ്പൊ നിങ്ങൾ മോക്ഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ ശ്രമിക്കുന്ന നമ്മുടെ ആദ്യം ശ്രമിക്കുന്ന നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് അത് സർവൈവലും നമുക്ക് ഏകദേശം ഉറപ്പ് വരുമ്പോഴാണെങ്കിൽ നമ്മൾ മോക്ഷത്തിലേക്ക് തിരിയുന്നത് ഏതുപോലെ മോക്ഷത്തിലേക്ക് തിരികുന്നത് കഥയിലും സാഹിത്യത്തിലും സംഗീതത്തിലും ഒക്കെ തിരിയും പോലെ തന്നെ ടേസ്റ്റ് ചിലപ്പോ മോക്ഷത്തിലായിരിക്കും അപ്പം അങ്ങോട്ടേ പക്ഷെ വേണം അതിജീവനം സാധ്യമാണ് അപ്പൊ നിങ്ങളെല്ലാരും കൂടെ കൂടി ചെയ്യും എന്തുകൊണ്ട് നിങ്ങളുടെ അതിജീവനം കൂടെ സാധ്യമാകുന്നതുകൊണ്ടാണ് ഒരു സംശയവും എന്താണ് ഞങ്ങളത് ലോകത്തെ നന്നാക്കി അറങ്ങപ്പെട്ടവർ ഇറങ്ങിപ്പെടപ്പെട്ടവരാണ് ലൗകികന്മാരെ പോലെയല്ല ഇങ്ങനെ പുറത്ത് കഴിയുന്നവരെ പോലെയല്ല ഞങ്ങളെല്ലാം ത്യാഗികളാണ് നിങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു നിങ്ങളുടെ സർവൈവൽ ഫിറ്റ്നസ് ആയൊരു സ്ഥലമാണ് എന്ന് കണ്ടുവിടെ കൂടിയിരിക്കഗികളാണെന്നൊക്കെ പറയുന്നതെന്നുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല ബോധമില്ലാത്തതെന്ന് പറയുന്നു ഞങ്ങളൊക്കെ വലിയ ത്യാഗികളാണ് എന്നൊക്കെ പറയും ഒന്നുമില്ല നമ്മുടെ എവിടെയാണോ അടുപ്പി അറിയാം നമ്മുടെ സ്ഥലം സർവൈവലിന് അനുയോജ്യമല്ലാന്ന് കണ്ടു കഴിഞ്ഞാ നിങ്ങൾ എന്ത് ചെയ്യും ഉപയോഗിച്ചു ഒരു നിമിഷം എത്ര വലിയ ഭക്തനായെന്ന് നിങ്ങൾക്ക് എത്ര വർഷം പാട്ടുപാടി എക്സ്പീരിയൻസ് ഉണ്ടായെന്നു പാട്ടുപാടിയെന്ന് വെച്ചാൽ ഭജന പാടി നിങ്ങൾ ഒരു മണിയും കൂടെ വിട്ടുപോകും സംശയം ഉണ്ടോ നിങ്ങൾ അങ്ങനെ വിട്ടുപോയാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോ നമുക്കത് ഫിറ്റല്ല ഒരാൾക്ക് തോന്നിയത് അതുകൊണ്ട് ഇത് അനുഭൂതമാണ് എന്തോന്നിയാലും തുടരു അപ്പൊ എല്ലാ മനുഷ്യന്റെയും എന്താണ് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ വരുന്ന സർവൈവലോ ഇതാണ് ഹ്യൂമൻ എവല്യൂഷന്റെ അടിസ്ഥാനപരമായ ഇതിനെ കുറിച്ച് പഴയ കാലത്ത് മനുഷ്യന് അറിവില്ലാത്തതുണ്ട് അവര് ബാഹ്യമായി അവർക്ക് പ്രാഥമികമായ അറിവ് വെച്ചുകൊണ്ട് അവര് പറഞ്ഞു എന്താണോ ശരീരവും മനസ്സും തെറ്റായി കഴിഞ്ഞ അവര് മോക്ഷത്തിലേക്ക് തിരിയാ <icana> and ും തെറ്റാ രണ്ട് ഘടകങ്ങളാവശ്യമാണ് ഒന്ന് നമ്മുടെ നേച്ചർ അത് പ്രധാനമായി വരുന്ന നമ്മുടെ ജീവിതം മറ്റൊന്ന് നാൾച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ എൻവൈറൺമെന്റ് ഇത് രണ്ടും നമുക്ക് അനുകൂലമായി കഴിഞ്ഞാല് മോക്ഷശാസ്ത്രം ഈ ഹിമാലയത്തിലൊക്കെ പോകുന്നവർക്ക് പൊതുവേ ഒരു പേര് വിളിക്കുന്നതാണ് പരിഭ്രാജകം പരിഭ്രാജകമെന്ന് പറഞ്ഞാ എന്താ എന്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ളൂ സർവം പരിത്യച്ച് പ്രഗതിയിൽ പരിപ്രാജം എല്ലാം ഉപേക്ഷിച്ച് ചുറ്റിക്കറങ്ങുന്നവർ അവനാണ് പരിഭ്രാജ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ചുറ്റി കറങ്ങുന്നതെന്ന് വിളിച്ചിന്തു ചെയ്യുന്നത് പരിഭ്രായകനോട് വലിയ ബഹുമാനമാണ് ഞാനും കുറച്ച് സമയം ഒരുപാട് കാണുന്നുണ്ട് പരിഭ്രാജന അത് കുറച്ച് സമയം അത് എനിക്ക് വലിയ സർവീസ് ഒന്നുമില്ല കുറച്ചതാണ് അപ്പൊ ഈ പരിപ്രായകനായി നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവേവന് വേണ്ടിയിട്ടാണ് ഹിമാലയത്തിലെ മുഴുവൻ പരമ്പരാജയന്മാർ ഇവിടെ അധികം പരമ്പരാജയം കാണാൻ പറ്റത്തില്ല ഇവിടെ അത് പ്രായോഗികമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ അത് ശങ്കരായക സന്യാസത്തിന്റെ കുഴപ്പമാണ് ഭാഷ പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്നു ശങ്കരകരുടെ സന്യാസം കൂടിയൊന്നും തികച്ചും അപ്രായോഗ്യമായൊരാശയാണ് പിന്നെ ആൾക്കാർ ശങ്കര പരമ്പര സന്യാസം കൊണ്ടു കടങ്ങുന്നുണ്ടെങ്കിൽ അതവരുടെ ഒരു സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് കാരണം എന്തുകൊണ്ട് അസാധ്യമായ കാര്യം ഇന്നത്തെ പക്ഷെ ആ കാലത്ത് കാണും ഇന്നത്തെ കാലത്തെ കാര്യങ്ങൾ ഞാൻ പറയും തികച്ചും അപ്രായകമായ ഒരാശയാണ് മനുഷ്യർ ഇന്നത്തെ ചുറ്റുപാട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാലും മനുഷ്യർ ഇന്ന് പരിപ്രാജിതനായി നടക്കുമ്പോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരെന്തായാലും നോക്കുന്നത് എവിടെയാണ് കംഫർട്ടബിൾ സ്റ്റേ എവിടെ എന്തുകൊണ്ട് ഒരു ആശ്രമത്തിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഇവിടുത്തെ കാര്യമില്ല ഞാൻ പറയും പ്രത്യേകിച്ച് തരിക എന്റെ പിന്നെ ഊസിച്ച് കളയാ നല്ലൊരു പാവ നിങ്ങൾ പോയൊരു ആശ്രമത്തിന് ഒരു കംഫർട്ടബിൾ സ്റ്റേ വേണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ കൈക്കൂലി കൊടുക്കണം ആർക്ക് നിങ്ങൾ നാലു അക്കോമഡേഷൻ ചാർജുണ്ട് ഒരാൾക്ക് അയാൾക്ക് ഇവിടെ താമസിക്കുന്ന കൈക്കൊണ്ടി കൊടുക്കേണ്ടി വന്ന എന്തായാലും മാസം ആയിരം രൂപ വെച്ചു കൊടുത്തു എന്നൊരു സ്ഥിതി വന്ന എന്തായാലും ഇന്നത്തെ സങ്കല്പിക്കാൻ പറ്റി പറയപ്പോയി പല ആശ്രമങ്ങളും കംഫർട്ടബിളായ സ്റ്റേക്ക് കൈക്കൊണ്ടി കൊടുക്കും അവിടെ ഒരു നേതാവ് ഇനി അന്നക്ഷേത്രം ഞാൻ ആദ്യം കൃഷി സിൽ താമസിക്കുമ്പോൾ അവിടെ രണ്ട് അന്നക്ഷേത്രങ്ങളുണ്ടായിരുന്നു കാളി തമ്പടി പാലം പഞ്ചാബസ് രണ്ടു പിന്നെ വേറെ നേപ്പാളിൽ ഈ രണ്ട് സ്ഥലത്തും നമ്മൾ അന്നക്ഷേത്രത്തിൽ ഇങ്ങനെ വരുവരുവായി നിൽക്കണം മണിക്കൂറോടുള്ള നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടും അപ്പം നമ്മൾ ഇതാ നമ്മൾ പരിപ്രായം അത് വൈരാഗ്യ ഇങ്ങനെയൊക്കെ ഡീൽ ചെയ്യേണ്ടത് അതുകൊണ്ട് ഓക്കെ വളരെ എന്താണ് കരാറി അതൊക്കെ വാങ്ങി നോക്കിയപ്പോ വേറെ വയസ്സത്തുകൂടി വേറെ ഭക്ഷണം സപ്ലൈ ചെയ്യും അത് മറ്റൊരു ഡോറിലൂടെ ആയി കണ്ടാവും അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് കുറച്ചുകൂടെ നല്ല ഭക്ഷണമുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ ഞാൻ പിന്നെ അവിടെ പോയാൽ ഉണ്ടാകും അപ്പൊ ആണപ്പാണ് അവിടത്തെ ഒരു കോട്ടാരി ഉണ്ട് മാനേജർ അയാൾക്ക് കൈക്കൂലി കൊടുത്താലേ അവിടന്ന് ഭക്ഷണം കിട്ടും എന്റെ പേര് ഭക്ഷണം എന്നാണ് മനസ്സിലായത് അപ്പോ ഇതൊക്കെയാണ് ഇത് ഞാൻ പറയുന്ന എത്ര പത്ത് ഇപ്പൊ എത്ര വന്നായി ഞാൻ തന്നെ മറന്നുപോയി ഒരു എൺപത് കളക്കെ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചോ ഇപ്പെത്ര വർഷമായി അന്നത്തെ കാര്യമാവേ അപ്പൊ ഇന്നതിന് മോശമായി പരിവ്രാലകൻ ഈ ക്യൂവിൽ തന്നെ നിൽക്കും ജീവിതാറുമ്പോ എനിക്കൊരിക്കലും അവിടെ പോയി കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറയു അപ്പൊ ഇത് ഈ ക്യൂ ഈ സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടെന്നറിയുമ്പോ നമ്മളെന്ത് ചെയ്യും പിന്നെ നമ്മുടെ ജന്മ കാശുണ്ടാക്കാനാണ് കാരണം കാശെങ്ങനെയെങ്കിലും കുറച്ച് സമ്പാദിച്ച് അവിടെ കൊണ്ടു കൊടുത്തു അതിന് അവിടെ തന്നെ സോഴ്സുകളൊക്കെ ഉണ്ട് അവിടുത്തേതായ അവിടത്തെ ആരി അങ്ങനെയൊക്കെ കുറെ പൈസ ഉണ്ടാക്കി കുറച്ച് അവിടെ കൊണ്ടു കൊടുത്തു പൈസ വാങ്ങി അവിടെ പഠിക്കുന്നവര് ഞാൻ കഴിച്ചിട്ടുണ്ട് പബ്ലിക്കായി സന്യാസിമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ആശ്രമം സന്യാസിമാർക്ക് താമസിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇവിടുന്ന് പോയി കൈക്കൂലി കൊടുത്ത് താമസവും കൈക്കൂലി കൊടുത്ത് ഭക്ഷണം ഓക്കെ ച്ചാൽ കംഫർട്ടബിളായിരുന്നു പിന്നെ അല്ലാതെ ആശ്രമങ്ങളിൽ നിന്ന് താമസിച്ചു നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും എന്ത് ചെയ്യണം പണിയെടുക്കാം പണിയെടുത്ത ഫുഡ് ഫോർ വർക്ക് അപ്പോ ഇവിടെയൊക്കെ മനുഷ്യൻ ശ്രമിക്കുന്നതെന്ന് ഹിമാലയത്തിൽ പോയി നമ്മള് എന്താണ് ഹിമാലയത്തിൽ പോയി ഒരു കാവ്യൊക്കെ ആട്ടി ഓടി തിരിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണോ ഇവർക്ക് എന്തോ ഭയങ്കര കാര്യം സാധിച്ചിട്ട് വരുകയാണ് ഒന്നുകൊണ്ട് ഇവരെ അതിജീവനം കഴിഞ്ഞ് വരില്ല അതിനെ പോയിട്ട് യാതൊരു കാര്യവും ഇവിടെ ഇരിക്കണം ഇവിടെ അതിജീവനം കഴിയുന്നു അതി കൂടുതലായിട്ട് സംഭവിക്കുന്നു മിക്കവാറും ഒക്കെ ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ഇപ്പൊ പരിപ്രചനം എന്ന് പറഞ്ഞാലും ഇവര് നടക്കുന്ന ഒക്കെ കംഫർട്ടബിൾ ആയ സ്റ്റേ എവിടെയാണ് കംഫർട്ടബിൾ ആയ ഭക്ഷണം ഇതൊക്കെ നോക്കി തന്നെയാണ് പിന്നെ ഇതൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ എങ്ങോട്ട് തരിയും ബ്രഹ്മവിചാരി പിന്നെ ബ്രഹ്മവിചാരി അപ്പോ ഈ എഴുതി വെച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനം വന്നൊരു സയൻസാണ് ശരിയായ അതാണ് പ്രാഥമികം അത് പ്രാഥമികമായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്തിനേക്കാണെന്ന് തിരിയാം ഇതൊക്കെ മോക്ഷത്തിൽ നാളെ താക്കിയത് അങ്ങോട്ട് തിരിയണമെന്നൊന്നും ഇല്ല പക്ഷെ അടിസ്ഥാനപരമായി വേണം നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മള് ജനിച്ച് തൊട്ടിൽ കിടന്ന് കൈയും കാലോട്ട് അടിക്കുകയും കയറുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്ത് അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ബ്രെയിൻ കാലഘട്ടത്തിൽ എക്സർസൈസാണ് ചെറിയ ചെറിയ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൊണ്ടേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജം കിട്ടത്ത ആ ഊർജം ആവശ്യത്തിനുള്ള ശരീരത്തിനാവശ്യമുള്ള ഊർജം കിട്ടിയാൽ ആരോഗ്യം ശരിയാകും ശരീരത്തിന്റെ ആരോഗ്യം ശരിയാവുക മനസ്സിന്റെ ആരോഗ്യം ശരിയാവുക ഇത് രണ്ടും ശരിയായി നമ്മൾ സർവൈവ് ചെയ്യുക ഇതുവരെ എത്തിച്ചേരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുമ്പോൾ നമുക്ക് വോട്ട് അപ്പിലേക്ക് തിരിയാന്ന് പറയുന്നത് ഇതാണോ ആധുനികമായ പരിണാമശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്ടിലൂടെ നോക്കുമ്പോഴാണ് അത് കൂടുതൽ യോജിക്കുന്നത് അപ്പോൾ അത് അടിസ്ഥാനപരമായ തീയതിയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ചോദിച്ചു ചോദിച്ചത് എന്താണോ നമുക്ക് ആ ബോധം വേണമെന്നാണ് നമ്മുടെ ബോധന്മാര് നമ്മളെപ്പോലായിരിക്കില്ല അവരുടെ അതിജീവനമാണ് നമ്മളെ ഈ നിലയിലെത്തിച്ച് അവർക്ക് അതിജീവിക്കാൻ കഴിയും എങ്ങനെയൊക്കെ അതിനവരെ സഹായിച്ച് രണ്ടാണ് ഒന്നവരുടെ നേച്ചർ മറ്റൊന്നവരുടെ ലർച്ച രണ്ടുകൊണ്ട് അതിജീവിച്ചു അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ അതിജീവിക്കാത്തവരെന്താ ഇപ്പോ എന്താണോ ഒരാൾ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഒരു സ്ട്രോക്ക് വന്നു ഇത് രണ്ടും വന്നിരിക്കട്ടെ അയാൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ശ്രമിക്കുന്നത് നിന തോന്നൊന്നു കഴിഞ്ഞു അയാൾക്ക് എന്തെങ്കിലും അയാൾ മോക്ഷത്തിന് വേണ്ടി ആയിരിക്കില്ല ശ്രമിക്കുന്നത് വേണ്ടി അയാൾ ശ്രമിക്കുന്നു ചിലപ്പോ ഒരു ശേഷം ഉണ്ടെങ്കിൽ അതോടൊപ്പം ക്രോസ് ഇടപാട് നൽകും പിന്നെന്തോ പിന്നെന്തോ പിന്നെ ഏതെങ്കിലും തരത്ത് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ കൊണ്ട് വെച്ച് കൊണ്ടുവരുക ഏറ്റവും മോഡേണായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ സഹായവും കിട്ടുന്ന ഒരു ഫെസിലിറ്റിയിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ കാണുന്നതാണ് അത് നിരന്തരം അല്ല എത്ര മോശമായ അവസ്ഥയിലായാലും അയാളുടെ നേച്ചർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് അല്ല അയാളുടെ നേച്ചർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിജീവിക സർവൈവുകൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ അവർ ഒന്നുകൂടെ വേണം എന്താണ് എൻവയോൺമെന്റ് അതിനനുകൂലമായി എന്ന് വെച്ചാൽ അയാൾക്ക് മെഡിക്കൽ ഫെസിലിറ്റീസും ഉണ്ടായി അയാളെ രക്ഷപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനമായ കാരണം എന്താണ് എന്താണ് അയാളുടെ സർവൈവെന്ന് വേണ്ടിയിട്ടും അയാളിൽ ആന്തരികമായി നടക്കുന്ന ശ്രമങ്ങളാണ് അത് ശ്രമിക്കുന്നതുകൊണ്ടാണ് ബോധമില്ലാതെ തന്നവർ എന്താണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ശ്വസിക്കുന്നവൻ കുറച്ച് കഴിയുമ്പോൾ ശ്വസിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അയാളെ കണ്ടു മുറും കുറച്ച് കഴിയുമ്പോൾ കൈകാലം വേണം കുറച്ച് കഴിയുമ്പം സംസാരിക്കും കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് നടക്കും എന്തുകൊണ്ട് അവന്റെ ഉള്ളിൽ സർവൈവന് വേണ്ടിയിട്ടുള്ള പക്ഷേ ഇത് രണ്ടും അനുകൂലമായിരിക്കണം എനിക്കും പറ്റില്ല ഈ പരിശ്രമത്തിന്റെ ഇടയിലൊന്നും അയാൾ എന്തിനു വേണ്ടി പരിശ്രമിക്കില്ല മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കില്ല എത്ര വലിയ ജിജ്ഞാസായിരുന്നു ഇതെന്നൊക്കെ ഒന്ന് കരയായിരിക്കും അതിനാൽ പിന്നെ ഇതിനെ ഒന്ന് സ്മരിക്കേണ്ട ആവശ്യമായ വീണ്ടും അതിൻ്റെ ഒരു മോക്ഷത്തിലെങ്കിലും അത് രണ്ടാമതേ ഉള്ളൂ ഫിറ്റ് ആകുക പറയുന്നത് എന്താണോ അത് നാച്ചുറലായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് എൻവയൺമെന്റ് അനുകൂലമാണെങ്കിൽ അത് നാച്ചുറലായിരുന്നു സംഭവം അതിന് മറ്റിടപാടുകളൊന്നും ആവശ്യം അതുകൊണ്ടാണ് നമ്മൾ പലരെയും കാണുന്ന എന്താണ് വളരെ മോശമായ അവസ്ഥയിൽ നിന്നും അവർ ക്രമേണ ക്രമേണ ക്രമേണ കരകയറി വരുന്നത് അവരിൽ നടക്കുന്ന ആ സർവൈവൽ മെക്കാനിസം അതടിസ്ഥാനപരമായി സംഭവം പ്പോഴും മനുഷ്യനോട്ട് അവസാനത്തെ ശ്വാസം എവിടാണെന്ന് ഒന്നുകിൽ വലിക്കാൻ കഴിയാതില്ല അല്ലെങ്കിൽ വിടാൻ കഴിയാതില്ല രണ്ടു സംഭവിക്കും അതുവരെ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പൊരുത്തി മനുഷ്യൻ കാരണം എന്താണെന്ന് അവരുടെ ശരീരത്തിന് ഓരോ കോശങ്ങളും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും എന്താ ചെയ്യേണ്ടേ എന്താ ചെയ്യും അതറിയത്തില്ല നമ്മുടെ ശരീരത്തിന്റെ ഈ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജം ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശത്തിന്റെയും പണിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നമ്മളെ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് സർവൈവ് ചെയ്യുക മാത്ര അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് അതിൽ നമ്മള് ജീവിതത്തിൽ കുറെ സമയമൊക്കെ നമ്മൾ ഫിറ്റ് ആയിരിക്കും ചിലപ്പോ ഇതുപോലായിരിക്കും വീണ്ടും സെർവൈവ് ചെയ്യും അപ്പോ ഈ പറയുക അതുകൊണ്ട് ഇതിന്റെ പൂർവഭാഗം പറഞ്ഞിരിക്കുന്ന ഒരു സയന്റിഫിക്കായിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായും ശരിയാണ് ഈ വാസിഷ്ടത്തിൽ ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ എനിക്ക് ഏറ്റവും ഒരു ശാസ്ത്ര സത്യമാണ് ഈ പിന്നെ രണ്ടാമത് അത് നമുക്കറിയാവുന്ന അപ്പം ഇതിന് വേണ്ടത്ര ഒരു പ്രിപ്പറേഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനോടുകൂടി പറയുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും നിങ്ങളെ കുറച്ചുകൂടെ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തണം നിങ്ങൾക്ക് ശരിക്കും ഈ പറഞ്ഞതായാലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാത്തിൻ്റെ പ്രശ്നമാണ് അതായത് ശരിക്കുള്ള ഒരു പ്രിപ്പറേഷൻ സമയം കിട്ടും ഇനി എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം പക്ഷേ ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അങ്ങനെ അപ്പോ അതിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ മോക്ഷ പ്രവർത്തികളും അതുകൊണ്ടാണ് നമ്മൾ മോക്ഷത്തിൽ പ്രവർത്തിക്കുന്നത് എനിക്കിങ്ങനെ ഇരിക്കുന്ന ഒരു കംഫർട്ടബിൾ ആയ സീറ്റ് ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വന്നില്ല അതുകൊണ്ട് പറയുന്നു ഇതൊക്കെ ഇത് രണ്ടും ഉണ്ടായാലും വ്യാധിയിലും വിമുക്തമായ ഒരു ശരീരവും മനസ്സ് അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു മനസ്സുകൊണ്ടെങ്കിൽ ഇത്രയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹിറ്റായി കേട്ടില്ല ആ ഓ അത് മരിച്ചുപോയി അതേ തന്നെ അപ്പോ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരാള് രക്ഷപ്പെടാം നമുക്ക് സർവൈവ് ചെയ്യാം പക്ഷെ രണ്ട് ശരിയായി അയാളുടെ എൻവയോമെന്റും അനുകൂലമായ ഒന്നും അയാളുടെ ലൈഫറും അനുകൂലമായി രണ്ടും അനുകൂലമായി വന്നാൽ എത്രയോ പേര് രക്ഷപ്പെടും ടോപ്പ് വന്ന് എത്രയോ രക്ഷപ്പെടും ുമായി വന്ന് അതിജീവനം സാധിക്കും അതിനൂടി അവസാനിച്ചു ഇത ഇതായി രണ്ടു വരുന്നതുമായി വന്നാലേ നമുക്ക് എന്റെ മോഷ്ടം സാധിക്കുന്ന ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉടൻ നടക്കുന്ന ഒരു മെക്കാനിസ് നാച്ചുറലായി നടക്കുന്ന ഒരു മെക്കാനസ് അതിനെ കുറിച്ച് നമുക്ക് ബോധം വേണം കാരണം നമ്മൾ ജീവിക്കുന്നത് ആധുനിക ലോകത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ബാധ്യതയുണ്ട് എന്താണ് ആധുനികന്മാരായിരിക്കാം വെറും പഴഞ്ചാതികളായിരിക്കാം നമ്മൾക്കൊരു ബാധ്യതയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ പറഞ്ഞേ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പക്ഷെ കുറച്ച് ശ്രമം ആവശ്യമാണ് ഇനി വീട്ടുവിടുന്ന വിഷയത്തിലേക്ക് പോയാണ് ദൈവം പുരുഷകാരങ്ങളും നിവർത്തി വെച്ചതി യോ ഉത്രര സമ്പൂർണ്ണ അഭിവാഞ്ചിത പുരുഷകാരങ്ങൾ ആ പുരുഷപ്രേമം കൊണ്ട് യഥ ഏകനാണോ ദൈവം നിവർത്തി വെച്ചറി ദൈവ വിജയം ഇല്ലാതാക്കുന്നതിനും മറികടക്കുന്നതിനാഗ്രഹിക്കുന്നത് അവര് ഇപ്പമൃത്രമാരി ഈ ലോകത്തിലായാലും ലോകത്തിലായാലും ശരി സമ്പൂർണ്ണം വായിച്ചാണ് അവനെല്ലാം അവൻ്റെ ആഗ്രഹത്തിലൂടെ നീതി കഴിയും ഈ വിധി എന്ന് പറയുന്ന ആധാനപ്പെട്ട് ജനിച്ച കർമ്മത്തിലൂടെ അവൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് നമ്മളും വിശദീകരിച്ചു സമുദ്യോഗ്യായ പ്രയത്നത്തെ വിട്ടിട്ട് സ്ഥിതപരായ പറഞ്ഞ് ജീവിക്കുന്നത് അർത്ഥം കാമം അർത്ഥ കാമങ്ങളെല്ലാം കൂടി മെസ്സി ചെയ്യുന്നു ആത്മവിക്ഷുഷ ആത്മവിരോധികളാണ് തന്നെ തന്നെ വിരോധിക്കുന്നു ഇത് പൊതുവെ മനുഷ്യനെ കുറിച്ച് പറയാനും എല്ലാ മനുഷ്യരും ഓരോരുത്തരും ധർമ്മം അർത്ഥം കാമം ഈ മൂന്നിനായിട്ട് പരിശ്രമിക്കണം പരിശ്രമത്തിലൂടെയും ഓരോരുത്തരും നേട്ടമാണ് ഇതിനകത്തും ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാകേണ്ടി വന്ന കാര്യങ്ങളും ില് പഴയകാലത്ത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ പൗരാണിക സാഹിത്യം നോക്കിയ മുഴുവൻ വിധിനെ കുറിച്ച് ഇവിടെ എന്താ ചർച്ച ചെയ്യുന്നത് എന്താണെന്നാണ് ഓരോ വ്യക്തിയുടെയും ധർമ്മങ്ങൾ അപ്പൊ അവിടെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സാഹിത്യങ്ങളിലെല്ലാം പുരാണങ്ങളായാലും ശരി സുമതികളായാലും ശരി വേദങ്ങളായാലും ശരി ഓരോ മനുഷ്യരെയും വീണ്ടുവിടുവലായിട്ടുള്ള ഇൻഡിപെൻഡന്റായിട്ടുള്ള ഓരോ വ്യക്തിയും ധർമ്മം അർത്ഥം കാമം ഇതിനെ നേടാനാണ് പറയുന്നത് നല്ല ആവശ്യമാണ് പ്രവൃത്തിയിലൂടെ ഓരോരുത്തരും ധർമ്മം അർത്ഥ കാമങ്ങളെ നേടുക പക്ഷെ ഇന്നത്തെ കാഴ്ചപ്പാടുകളും ഇതിനുള്ള കുറച്ച് വ്യത്യാസം എന്താണ് പറയുന്നത് മനുഷ്യനെ ഇൻഡിപ്പെൻഡന്റ് ആയി കണ്ടിട്ട് അവരോട് ധർമ്മം അർത്ഥ കാമങ്ങൾ നേടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ദോഷം ഇന്നത്തെ സോഷ്യൽ സയൻസ് പറയുന്നത് എന്താണ് ദോഷം മനുഷ്യരിച്ച് അനാരോഗ്യകരമായി മത്സരം അത് നമ്മളീ ആൾക്കാരോട് ധർമാർത്ഥകാമം മോക്ഷം നേടണമെന്ന് ആൾക്കാരോട് ഉപദേശിക്കുമ്പോൾ നമ്മളറിയാതെ എന്ന ആൾക്കാരെ പരസ്പരം മത്സരിക്കാൻ പറ്റും മോക്ഷം പോട്ടെ മോക്ഷത്തോടെ പറയുന്നു ധർമാർത്ഥകാമം മത്സരം എന്ന് പറയുന്നത് അനോര അനാരോഗ്യകരമായി മാറി കഴിയുമ്പോഴാണ് സമൂഹത്തിൽ പലതരത്തിലുള്ള അസമത്വങ്ങളുണ്ട് വാരി പിടിക്കാൻ കൂടുതൽ വാരിപ്പ് ശേഷി കുറഞ്ഞ പിന്തള്ള കാരണം എല്ലാവരും മത്സരിക്കുകയാണ് നമ്മള് കുറച്ച് കുട്ടികളുടെ മുമ്പിൽ കൂട്ടത്തിന്റെ മുമ്പിൽ ഒരു കൂടി മിഠായി മത്സരി അത് കരുത്തുള്ളവന്റെ കയ്യിൽ കൂടുതൽ കിട്ടലേ കരുത് കുറഞ്ഞുകൊണ്ട് കയ്യിൽ കുറച്ച് കിട്ടായി ദുർബല ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല മനുഷ്യനെ ഇൻഡിപെന്റന്റ് ആയി കണ്ടിട്ട് അവരോട് ധർമ്മ നേടുക എന്ന് പറയുന്ന പഴയ അതങ്ങനെയാണോ അറിഞ്ഞിരുന്നത് എല്ലാവരും നേടണമെന്ന് പറഞ്ഞു ഒരാളല്ല പക്ഷെ മനുഷ്യന് ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാം നമ്മളെ മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നത് ഓരോരുത്തരും ആവശ്യങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ സയൻസ് മനുഷ്യനെ കുറിച്ച് പറയുന്നത് എന്താണ് അവന് ഇൻഡിപ്പെൻഡന്റ് എന്നാണോ ആണോ ആരെങ്കിലും സോഷ്യൽ സയൻസ് പഠിച്ചിട്ടുള്ളത് എന്താ ഇന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്റർഡിപ്പെൻഡന്റാണ് ശരിക്കും ഡിപ്പെൻഡന്റും അല്ല ശരിക്കും ഇൻഡിപെൻഡന്റും അല്ല അങ്ങനെ മനുഷ്യൻ എന്താണ് ചില കാര്യങ്ങളിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ് സ്വതന്ത്രരാണ് വെച്ചാൽ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാം സ്വന്തമായി ചിന്തിക്കാം പിന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാം മറ്റുള്ളവരുടെ അനാവശ്യമായി കൈകടത്ത് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് അതായത് ഒഴിവാക്കാൻ കഴിയും ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഇതൊക്കെയാണ് പിന്നെ തന്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം സ്വയം തന്നെയൊക്കെ എടുക്കാൻ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിപ്പെൻഡൻസി എന്ന് പറയുന്നതാണ് തന്റെ പ്രവൃത്തിക്കൊരു ഫലം ഉണ്ടാവും ആ ഫലം സ്വയം ഏറ്റെടുക്കുന്നവനാണ് സ്വാതന്ത്ര്യം അത് നീ കാരണമാണോ എനിക്കിത് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അവൻ സ്വാതന്ത്ര്യമായി അങ്ങനെ ഒരാൾ പറയുന്നുണ്ടല്ലോ തന്റെ പ്രവൃത്തിയില് ഉത്തരവാദിത്വം അതിന്റെ ഫലത്തിന്റെ ഉത്തരവാദിത്വം അത് സ്വയം ഏറ്റെടുക്കും അവിടെയാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ആകുന്നതാണ് അങ്ങനെയുണ്ടാകുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ടെങ്കിലും നമുക്കറിയാൻ ചെയ്യുന്നു പല കാര്യങ്ങളും നമ്മൾ ഡിപ്പെൻഡന്റാണ് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ പൂർണ്ണമായും നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് ഞാനിപ്പോൾ ആഹാരമില്ല എവിടെയോ ഒരു കൃഷി ാണ് ഞാനും കൃഷി ചെയ്യുന്നതിനു വേണ്ടി അയാൾക്ക് ഫെർട്ടിലൈസേഴ്സ് വേണം വേണം കാർഷികോപകരണങ്ങൾ വേണം അതിനുവേണ്ടി അയാൾ ഒരുപാട് പേരെ കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോ തന്നെ അയാൾ എന്താണ് ഡിപ്പെൻഡന്റേണം ഒരുപാട് കാര്യങ്ങൾ ആശ്രയിക്കും അയാളുടെ കാർഷികോപകരണങ്ങൾ വളം പല കാര്യങ്ങൾ മനുഷ്യരെ തന്നെ ആശ്രയിക്കും ആശ്രയിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യനെ ആശ്രയിക്കുന്നതാണ് പ്രകൃതിയെ ആശ്രയിക്കുന്ന കാര്യമല്ല പറയുന്നത് ഇനി അതിനെ ഏതെങ്കിലും ഒരു ഫ്ലവർ ബില്ല് കൊണ്ടുപോയി കൊത്തിപ്പൊടിക്കണം അവിടെ മെഷീനറി വേണോ ആള് വേണോ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ പലതിനെ ആശ്രയിച്ചിട്ടാണ് മെഷീനറി വേണ്ടേ ഇനി അതിനെ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ വരുന്നു അവിടെ അതിൻ്റെ സെയിൽ നടന്നു അവിടെ അയാൾ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട് അയാളുടെ ഗവൺമെന്റിനെ ആശ്രയിക്കണം ടാക്സ് കൊടുക്കണം എന്തെല്ലാം ആശയം തൊഴിലാളികളെ ആശ്രയിക്കും പിന്നെ അവിടെ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരാളെനിക്ക് വേണ്ടി പാകം കഴിഞ്ഞു അതിനെന്തെല്ലാം ആശ്രയിക്കുന്നു അവിടെ ഗ്യാസ് വേണം വെള്ളം വേണം അതിനയാൾ പലരെയും ആശ്രയിക്കുന്നു അപ്പോൾ എത്ര പേർ ആശ്രയിക്കുന്നു എന്റെ സർവൈവ് തന്നെ അപ്പോൾ ഞാൻ ഡിപ്പെൻഡൻ്റാണ് ആ രീതി നോക്കും എന്നാ നേരിട്ട് നോക്കുമ്പോൾ ഞാൻ ഇൻഡിപ്പെൻഡന്റ് വേണം അപ്പൊ മൊത്തത്തിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് രണ്ടിനെയും കൂടെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡിപ്പെൻഡന്റാണ് അപ്പൊ ഇവിടെ ധർമ്മം അർത്ഥം കാമം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല ഒരു വ്യക്തി തന്റെ ധർമ്മം തന്റെ അർത്ഥം തന്റെ കാമം അങ്ങനെയല്ല ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ അനാരോഗ്യകരമായ മത്സരങ്ങൾ സംഘർഷം മറിച്ചെന്തി അത് സമൂഹത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മനുഷ്യൻ ഒറ്റയ്ക്കാണ് നോക്കുമ്പോൾ സമൂഹത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവൃത്തി അപ്പോൾ അത് കേവലം വ്യക്തി നിഷ്ട്രാൽ സമൂഹത്തിനിഷ്ടമാണ് അതിന് കാരണമാണ് കാരണം പഴയ കാലത്ത് ഇല കഴിയുന്ന കാലത്ത് മനുഷ്യര് കുറവായി അവര് വളരെ ചുരുക്കം മനുഷ്യരെയാണ് അവരെ അഭിസംബോധന മനുഷ്യര് കുറവായിരിക്കുന്നത്തോളം അവര് അവരുടെ സാമൂഹ്യ ബന്ധവും കുറവായി കാരണം പഴയ നമ്മുടെ പൂർവികന്മാര് അവരുടെ നേച്ചറുകൊണ്ടിരിക്കും പരസ്പരം ഫൈറ്റ് ചെയ്യുന്നുണ്ട് കുറച്ചു സമയം സഹകരിക്കും ഇര പിടിക്കുന്ന സമയം ബാക്കിയുള്ള സമയമൊക്കെ ഭയങ്കര ഇന്നങ്ങനെയല്ല കൂടുതൽ സമയം നമുക്ക് സഹകരിച്ചേ പറ്റും വൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ തന്നെ നടക്കും അപ്പോൾ സഹകരണത്തിന് കൂടുതൽ ആവശ്യമായിരിക്കും മനുഷ്യൻ ഭൂമിയിൽ ഞെരിയിൽ വേറെ ഒരു പാർക്കിടം മനുഷ്യനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇടമല്ല അപ്പോൾ എല്ലാവർക്കും അതിനുവേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണ് ഏഴുപേരും മുറിയിൽ രണ്ടുപേരും മൂന്ന് പേരൊക്കെ താമസിച്ച അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പറ്റും അത് വെട്ടുകയാണെങ്കിൽ നമ്മൾ വിശാലമായി താമസിക്കും അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ടാവും ഗുണങ്ങളും ഉണ്ടാവും അപ്പോ ഇന്റർ ഡിപ്പെൻഡന്റ് ആയ ഒരു സമൂഹത്തെ കണ്ടുകൊണ്ട് പഴയകാലം ഇത്തരം പദ്ധതികളൊന്നും ആവിഷ്കരിച്ചിട്ടില്ല പൊതുവേ മനുഷ്യൻ അങ്ങനെയാണെന്നൊക്കെ പറയും അതുകൊണ്ടിത് എന്താണ് വ്യക്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സമൂഹത്തിലേക്ക് മാറുകയാണ് ധർമാർത്ഥകാമങ്ങളല്ല അപ്പൊ അവിടെ എന്താണ് പരസ്പര പൊരുത്തത്തെ കണ്ടല്ലേ അങ്ങനെ പ്രവർത്തിക്കുക ധർമാർത്ഥങ്ങളെ നേടുക എന്നാണ് അങ്ങനെ കഴിയും മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോഴും അത് മാത്രമേ സാധ്യമായി വരൂ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പനത്തിനൊക്കെ വരും ഇതിന്റെ മനുഷ്യന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞ എരിയാണ് പിന്നെ എന്താണ് സമൂഹത്തിന്റെ ഓണർഷിപ്പാണ് കൂടി കൂടിയത് ജനാധിപത്യത്തിനുള്ളതാണ് പഴയകാലത്ത് നമ്മുടെ രാജ്യം പോലും ആരുടെ ഇതിലും രാജാവ് ഒരു വ്യക്തിയുടേത് എല്ലാം പഴയകാലത്തുള്ള ആശ്രമമാണ് വേറെ ആശയമുള്ളത് മഠാധിപതിമാരുടെ ഇന്നും എന്താണ് ഇന്ന ട്രസ്റ്റിന്റെയാണ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പില്ല ചെറിയതാളും ലീഗലായിട്ട് ട്രസ്റ്റീസ് എന്ന് പറയുമ്പോൾ സൂക്ഷിപ്പുകാരുന്നു ട്രസ്റ്റീസിനൊന്നും അറിയില്ല അതുവരെ അതൊന്നും ഓണർഷിപ്പില്ല ലീഗലായി ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്നുള്ളതേ ഉള്ളൂ ശരിക്കും ആർക്കും ഓണർഷിപ്പില്ല അങ്ങനെയാണ് രാജ്യത്തിനും അങ്ങനെ തന്നെയാണ് അവിടെ ഒരു വ്യക്തിക്ക് ഓണർഷിപ്പൊക്കെ ഉണ്ട് ചില നടപടിക്രമങ്ങൾക്ക് വേണ്ടി ചിലർക്ക് ഒപ്പിടേണ്ടി വരുന്നു എന്നുള്ളതേ ഒരിക്കലും പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റുന്നു ഞാൻ അത് ചെയ്തി ഞാനിത് ചെയ്യും ഞാനാണ് അവരാണ് ഞാനാണ് ഫ്രീ കൊടുക്കുന്നത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നുകൊണ്ട് കൂട്ടത്തരോ ഞാനെന്റെ നമ്മളാണ് അപ്പോ സമൂഹത്തിലാണെന്ന് ഓണർഷിപ്പ് എല്ലാ കാര്യങ്ങളും അല്ലെ ഒരു ബിസിനസിന് പോലും ഇന്ന് ഓണർഷിപ്പാർക്കാം ഷെയർ ഹോൾഡേഴ്സിനാണ് വ്യക്തിക്കല്ല ആ കാലമൊക്കെ പോയി അതിന് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലേക്ക് ഓണർഷിപ്പ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമൂഹം മാറിക്കുകൊണ്ടിരിക്കുക സേവനം എന്റെ ധർമ്മം എന്റെ അർത്ഥം എന്റെ പാപം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ അറിവില്ല എന്റെ ധർമ്മവും എന്റെ അർത്ഥവും എന്റെ കാമെന്നു എന്റെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് നൽകൂ എനിക്കും ഒറ്റയ്ക്ക് കേമനാകാൻ കഴിയത്തില്ല അതൊരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കട്ട നമുക്ക് എന്തൊക്കെ വന്നു കരുതാവും ഈ മതിലിനപ്പുറത്തുള്ളവരെ നമ്മളെല്ലാം ദിവ്യം മാനേഷ്ടം മാനും അവർ ഇന്യൂഷൻ മാത്രമാണ് അങ്ങനെന്താ അതിനാൽ വിർച്വസ് ചെയ്തിട്ടില്ല ഒരിക്കലും നമുക്കങ്ങനെ ആകാൻ കഴിക്കില്ല അവരുടെ ഇവിടെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും വെച്ചു നിലനിർത്താൻ പറ്റുള്ളൂ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ സഹായമില്ലാതെ നമുക്ക് എന്തിനോട് സാധ്യത എല്ലാ കാര്യങ്ങളെയും പരസ്പരം കൊടുക്കൽ വാങ്ങലിലൂടെയും സഹകരണത്തിലൂടെയും മാത്രമേ ഒരു സമൂഹത്തിനെ സാധ്യമാകൂ വ്യക്തിയിൽ നിന്നൊന്ന് ക്രമേണ മാറിക്കൊണ്ടിരിക്കുക ഏത് രംഗം അതിൽ നിന്ന് നോക്കണം വ്യക്തി ഏറ്റെങ്കിലും ഒന്നും മാറിക്കൊണ്ടിരിക്കണം നമ്മള് കുട്ടുകാരത്തെ എന്താണ് അങ്ങനെയാണെങ്കിൽ പ്രകൃതി സംഭവിച്ചുകൊണ്ടിരിക്കുകയോ പക്ഷെ നമുക്ക് അത് തിരിച്ചറിയുന്നത് എന്താണ് ഒരു അമ്മയും ഒരു കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണ് അവിടെ ഫിസിക്കൽ ഇന്റലക്ച്വൽ ഇമോഷണൽ ബോണ്ടേജാണ് രണ്ടുപേരും ഒരാൾക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല കുഞ്ഞില്ലാതെ ആയിരിക്കും സർവൈവ് ചെയ്യാൻ പറ്റാൻ പറ്റില്ല അമ്മയില്ലാതെ ഇങ്ങനെ സർവേ ചെയ്യാൻ പറ്റും പറ്റില്ല അപ്പോ ഈ വോൾട്ടേജിലൂടെയാണ് മനുഷ്യൻ പോകുന്നത് ഇത് സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നു മനുഷ്യൻ പണ്ടൊന്നും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യനെയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കൂടുതൽ ബോധവാനായി അതുകൊണ്ട് ഇന്ന് എന്താണ് ഇൻഡിവിഡുവലായിരിക്കും എന്നൊന്നും പറയുന്നതിന് യാതൊരു അർത്ഥവും അത് കാര്യമൊന്നുമില്ല നമ്മളെന്തൊക്കെ നേടിയിട്ടുണ്ടോ നേടുന്നുണ്ടോ അത് നമ്മുടെ പ്രയത്നവും സമൂഹത്തിന്റെ പ്രയത്നം കൂടെ കൂടിച്ചേരുന്നു അല്ല നമ്മുടെ ഒറ്റയ്ക്കുള്ള പ്രയത്നം കൊണ്ട് പക്ഷെ നമുക്കറിയാൻ വെച്ചാൽ ബോധം നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമില്ല അതുകൊണ്ട് ഈ ധർമാർത്ഥ കാമങ്ങളെ കുറിച്ചൊക്കെ വ്യക്തിയല്ലേ ബോധിപ്പിക്കേണ്ട എങ്കിലും സമൂഹത്തെ ബോധിപ്പിക്കേണ്ടത് പേകാലത്ത് വ്യക്തികളെ ബോധിപ്പിക്കേണ്ടത് കാളം മാറി സമൂഹം മാറി അവിടെ കൂട്ടിച്ചേർത്തു എന്ന് എന്താണ് എന്തിനനുസരിച്ച് പ്രയത്നം ആവശ്യമാണ് പ്രയത്നിച്ചതിന്റെ നിടങ്ങൾ പ്രയത്നിച്ചത് നേടാത്ത പോലെന്താണ് ആത്മവിക്ഷൻ അടുത്തിവിടെ കൂടുതലായി അറിയുന്ന ഒരു കാര്യമാണ് സമ്മത്സ്പന്തോ മനസ്പന്ദ ഐന്ദര്യസ്പന്ദ എന്നുണ്ട് എന്തൊക്കെയാണ് ഒന്ന് സംവിസ്തന്ദം നമ്മുടെ സംവേദന നമ്മുടെ ബോധം നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ ബോധത്തിന് സ്ഥന്ധം എന്ന് വെച്ചാൽ സ്ഫുരണം അതിനാണ് സംവിസ്തന്ദം രണ്ടാമത് മനസ്സന്ധം ആ ബോധം അടുത്ത് വരുന്നു എന്താണ് എന്റെ മുമ്പില് ക്ലോക്ക് ഇരിക്കുന്നു ഞാൻ എന്റെ കണ്ണറിയപ്പെടുമ്പോൾ ഞാൻ ആദ്യം ക്ലോക്ക് എത്തും അതിന്റെ സമയസ്പന്ദ പിന്നെ ഞാൻ ഇതിന് എന്താണ് മനസ്സ്പന്ത സമയം എന്തായി ചിന്തയാണ് രണ്ടാമത് പിന്നെ ഐന്ദ്രിയ സ്പന്ദ മൂന്നാമത് എന്തായോ ഞാൻ പതിന്റെ എഴുന്നേറ്റ് പ്രവർത്തിക്കും ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് നമ്മുടെ പുരുഷാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ട് ശരിയാണ് ഒരു യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത് വന്നിട്ടുള്ള പദ്ധതികൾ പോലും ശരി ഏതായാലും പുരുഷാർത്ഥ്യൂപമാണ് ഞാൻ പുരുഷാർത്ഥ രൂപം എന്ന് വെച്ചാൽ നമ്മുടെ ജില്ലയുടെയും പ്രവൃത്തിയുടെയും നമ്മള് നേടുന്നതിൻ്റെയും കളയുന്നതിന്റെ എല്ലാം രൂപം ഇങ്ങനെയാണ് ലഭ്യഫലോ ഒരു ഫലം എന്ന് പറയുന്ന എന്തായനം ചെയ്ത തഥാമ തഥൈവ കായത ഇതും ഒരു യാഥാർത്ഥ്യമാണ് യഥാ സംവേദനം ചെയ്തത് ഏകദേശം ആദ്യം തന്നെ എന്താണ് ബോധം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് മനസ്സിലാക്കുന്നു തഥാ തത്സന്ത പതുക്കെ അത് ചരിക്കാൻ തുടങ്ങുന്നു ചിന്ത സംഭവിക്കുന്നു തഥൈവായ ഇന്ദ്രിയങ്ങൾ ശരീരങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു തഥൈവ ഘടക നമ്മൾ ഘടകത്തെ അനുഭവിക്കുന്നു ഇത് നമ്മുടെ എന്താണ് പൊതുവായി നമ്മുടെ ഈ ഘടനയെ ഒരു പൊതുവിജ്ഞാനം പ്രാഥമികമായ അറിവ് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അഭാവം ഏതത് സംസിദ്ധം എത്ര യഥാ യഥ ദൈവത്തിന്റെ വസ്തു ദൃഷ്ടം അതോടെ ജപതി കോഷ്ടം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാമാന്യമായ ഒരു നിരീക്ഷണം കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടി നമുക്ക് നിരീക്ഷണം നിരീക്ഷണ ശേഷി നോക്കാം ഒബ്സർവേഷനുകൾ നോക്കി അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രാഥമികമായ അറിവത്തോടും അറിവുമ്പോഴും പഠിച്ചു നേടേണ്ടി വരും ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടത് ആപാരപഥം വേണ്ട സംസ്തം എന്ന് പറയുന്നത് ആപാരപഥം എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കേവലം നിരീക്ഷണത്തിലൂടെ തന്നെ അതൊരു പുതിയ അറിവായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി എന്താണോ ആർജിച്ചെടുക്കേണ്ട അറിവ് കേവലം നിരീക്ഷണത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എത്രയെത്ര യഥാ ഓരോരോ സ്ഥലത്ത് എങ്ങനെ എങ്ങനെയാണോ എപ്രകാരമാണോ അതൊക്കെ നമുക്ക് ഓരോന്നും മനസ്സിലാവും ഇതാണ് നമ്മൾ ഈ ഘടനയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൈവഘടനയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ദൈവം ചെന്ന കക്ഷം വിധിയെ ഒരിടത്തും അറിയുന്നു ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു ഇതിലൂടെ അതോ ജീവിക്കുന്നു അതുകൊണ്ട് പൗരുഷമാണ് ലോകം മുഴുവനുള്ള ഇവരിയുടെ മനുഷ്യരെ ഈ പ്രകടനത്തിന്റെ എന്തുകൊണ്ടാണ് പൗരുഷ പ്രാധാന്യ സമർപ്പണം അപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞ ഇത് പ്രാധാന്യത്തെ കുറിച്ച് അവർ ഇനി ഈ പൗരുഷ പ്രാധാന്യത്തെ തന്നെ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ആവർത്തിച്ചാൽ നിരസത വരും അതുകൊണ്ടിച്ച് ഞാൻ ഇന്ന് തുറന്നു വരുന്ന ഒരു ഭാഗം ഞാൻ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം വിരസമായി ചർച്ച ഓർക്കുന്ന ഒരു കാര്യമുണ്ട് അടുത്ത നമ്മൾ ചർച്ച ചെയ്തതാണ് താല്പര്യമുള്ളവർ മറ്റൊക്കെ വായിച്ചു അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും നമ്മൾ വായിക്കുകയും കഴിയില്ല അടുത്തെട്ടാമത്തെ സ്വർഗമാണ് തൽക്കാലം ഉള്ളത്